അധ്യായം പത്തൊൻപത് യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും നിങ്ങളോരോരുത്തൻ താൻ താന്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടേണം എന്റെ ശബത്തുകൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത് ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു യഹോവയ്ക്ക് സമാധാനയാകം അർപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അർപ്പിക്കണം അർപ്പിക്കുന്ന ദിവസവും പിറ്റേന്നാളും അത് തിന്ന് മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം മൂന്നാം ദിവസം തിന്നു എന്നുവരികിൽ അത് അറപ്പാകുന്നു പ്രസാദമാകയില്ല അത് തിന്നുന്നവൻ കുറ്റം വഹിക്കും ഈ ഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്ത് കൊയ്യരുത് നിന്റെ കൊയ്ത്തിൽ കാല പറക്കുകയും അരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറക്കരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണുകിടക്കുന്ന പഴം പെറുക്കയും അരുത് അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു മോഷ്ടിക്കരുത് ചതിക്കരുത് ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്കു പറയരുത് എന്റെ നാമത്തെക്കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ യഹോവയാകുന്നു കൂട്ടുകാരനെ പീഡിപ്പിക്കരുത് അവന്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത് കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത് ചെകിടനെ ശപിക്കരുത് കുരുടന്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം ഞാൻ യഹോവയാകുന്നു ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത് എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത് ഞാൻ യഹോവയാകുന്നു സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത് കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താൽപ്പര്യമായി ശാസിക്കണം പ്രതികാരം ചെയ്യരുത് നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ യഹോവയാകുന്നു നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണചേർക്കരുത് നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത് രണ്ടുവക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത് ഒരു പുരുഷന് നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുത്തൻ ശയിച്ചാൽ അവരെ ശിക്ഷിക്കണം എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളായാൽ അവരെ കൊല്ലരുത് അവൻ യഹോവയ്ക്ക് അതിർത്തിയാഗത്തിനായി സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരേണം അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അതിർത്തിയാഗത്തിന്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവനുവേണ്ടി യഹോവയുടെ സന്നദ്ധിയിൽ പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ടശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം അത് മൂന്ന് സംവത്സരത്തേക്ക് പരിച്ഛേദനയില്ലാത്തതുപോലെ ഇരിക്കണം അത് തിന്നരുത് നാലാം സംവത്സരത്തിൽ അതിന്റെ ഫലമെല്ലാം യഹോവയുടെ തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം അഞ്ചാം സംവത്സരത്തിലോ നിങ്ങൾക്കതിന്റെ ഫലം തിന്നാം അങ്ങനെ അതിന്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചുവരും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത് ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത് താടിയുടെ അറ്റം വിരൂപമാക്കരുത് മരിച്ചവനു വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് മെയ്മേൽ പച്ചകുത്തരുത് ഞാൻ യഹോവയാകുന്നു ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് നിങ്ങൾ എന്റെ ശപത്തുകൾ പ്രമാണിക്കുകയും എന്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കുകയും വേണം ഞാൻ യഹോവയാകുന്നു വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൽ ശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ യഹോവ ആകുന്നു പരദേശി നിന്നോടു കൂടെ നിങ്ങളുടെ ദേശത്തു പാർത്താൽ അവനെ ഉപദ്രവിക്കരുത് നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ഇരിക്കണം അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നിങ്ങളും മിസ്രൈൻ ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത് ഒത്തതുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ യഹോവ അകുന്നു നിങ്ങൾ എന്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം ഞാൻ യഹോവ അകുന്നു